ഇത് ഇവർ കഥ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒരാള് ആഫ്രിക്ക എന്ന് ഒരു കിളി കൊണ്ടുവന്നു നമ്മളിവിടെ തത്ത ഇപ്പോഴൊക്കെ പുറത്തുനിന്നാണ് തത്തകള് വരുന്നത് പാരക്കീട്ട് എന്ന് പറയും വലിയ തത്ത വലിയ കിളി അത് നല്ലവണ്ണം വർത്തമാനം പറയും ഇപ്പൊ മദ്രാസിലെ നമ്മളുടെ പ്രഭാഷണം നടക്കുന്ന ആറുതകണ സഭ അതിനടുത്തു തന്നെ ഈ പാരക്കീറ്റ് രണ്ട് ഒരു ദിവസം ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് പോകുമ്പോ മുമ്പിൽ പോണ ഒരാള് ഫോണിൽ ഹലോന്ന് പറയണു പുറകെ നിന്ന് ആരോ ഹലോ ഹലോന്ന് പറയണു തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് ഇതവിടെ കൂടുതലുണ്ട് അടുത്ത് പോയി ഞാൻ പോയി നിന്നപ്പോ ചാപ്പട്ടാച്ചാ അവിടെ ചോദിച്ചു അതാണ് വർത്തമാനം പറയുന്നത് പക്ഷെ അല്ലെങ്കിൽ അത് നിലവിളിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര ശബ്ദമാണ് അപ്പോ ഒരാൾ ആഫ്രിക്കയിൽ നിന്ന് ഒരു പാരക്കീട്ട് കൊണ്ടുവന്നു ഒരു പക്ഷി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ട് വളർത്തി നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു മുന്തിരിയൊക്കെ കൊടുത്തു എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തു നല്ലവണ്ണം വളർത്തി നല്ല ഇഷ്ടമായിരുന്നു അയാൾക്ക് ആ പക്ഷിയെ കുറെ കഴിഞ്ഞപ്പോൾ അയാള് വീണ്ടും ആഫ്രിക്കയിലേക്ക് പോവാണ് ഒരു ടൂറായിട്ട് പോകുമ്പോൾ ഈ പക്ഷിയുടെ അടുത്ത് ചോദിച്ചു ഞാൻ അവിടെ പോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണും അവരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒന്നുമില്ല എന്റെ എണപ്പക്ഷി അവിടെയുണ്ട് അതിനെങ്ങനെ കണ്ടുപിടിക്കും അതറിയില്ലേ നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയൂ ഞാനിവിടെ കൂട്ടിലിരിക്കണു ശാപ്പാടൊക്കെ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നുണ്ട് നേരാ നേരത്തിന് മുന്തിരിയും പരിപ്പും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല സുഖമൊന്നുമില്ല കൂട്ടിലാണ് ജീവിതം അത് എല്ലാരോടും ഒന്ന് പറയാ പറഞ്ഞാ മതി കൂട്ടില് കിടക്കുകയാണെന്നോന്നു അപ്പൊ ഇദ്ദേഹം പോയി ആഫ്രിക്കയിൽ പോയി എല്ലാ കിളികളുടെ അടുത്തും പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് ഞാൻ കൊണ്ടുപോയത് അവിടെയുണ്ട് കൂട്ടിലാണ് കിടക്കണത് പക്ഷെ നല്ല കൂടാണ് ഭക്ഷണമൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം നോക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു എല്ലാ കിളികളും കേട്ടു അതിൽ ഒരു കിളി മാത്രേ ഇത് പറഞ്ഞപ്പോ മോൾ ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കണത് അങ്ങട് ചത്ത് ചവിട്ടിൽ വീണു അപ്പൊ ഇയാൾക്ക് വളരെ വിഷമായി ഇതാണ് അതിന്റെ എണക്കിളി പറഞ്ഞോടനെ ഷോക്കായി അത് ചത്തുപോയി വളരെ വിഷമായി ഇതിനെ കൊല്ലാൻ ഞാൻ കാരണമായല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോ ഈ കിളിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ പറയാൻ വളരെ വിഷമുണ്ട് പല കിളികളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ നീ നൻ്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു നീ കൂട്ടിൽ കിടക്കണു എന്ന് പറഞ്ഞപ്പോ ഒരു കിളി മാത്രം ഇങ്ങനെ ചത്തു വീണു വീണ് അപ്പതന്നെ വീണ് ചത്തുപോയി ഇത് കേട്ടതും ഈ കൂട്ടിൽ കിടക്കണ ഈ പാര പാരക്കെട്ടുണ്ടല്ലോ അത് ചത്തുപോയി മലന്ന് കിട ചത്തുപോയി അപ്പൊ ഇയാള് കൂട് തുറന്ന് ആ കിളി എടുത്ത് പുറത്തിട്ടതും കിടക്കണതും പറു വരും മുകളിൽ പോയിരുന്നിട്ട് ഇയാളോട് പറഞ്ഞു എന്റെ എണക്കിളി ഉണ്ടല്ലോ ആദ്യം ചത്തുപോയില്ല എനിക്കൊരു ഉപദേശം തന്നു ചത്ത പോലെ ഇരുന്നാ കൂട്ടുന്നു വെളിയിൽ വരാം ഇതാണ് മഹാവാക്യം ചുമ്മാര് ചത്താറെ പോലെ തിരിന്താറേ അഭിമാനം എണീക്കാതിരിക്കലാണത് അല്ലേ അഭിമാനത്തിന് ചലനമേ ഇല്ലാതിരുന്ന ഈ ശരീരമാവുന്ന ബന്ധത്തിൽ നിന്നും വിമുക്തമാകാം എന്ന് കിളി പറഞ്ഞുകൊടുത്തു അത്രയാണ് ഒരു മഹാവാക്യം കാണിച്ചു കൊടുത്തു അത് കാണിച്ചു കൊടുത്തു അത്ര ഇത് അറിഞ്ഞ് വിമുക്തമായി അപ്പോ ഇങ്ങനെ ഇവിടെ അർജുനൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ് മനുഷ്യന് ശ്രേയസനുള്ള മാർഗം ആചരത്തി ആത്മന ശ്രേയ തതോയാതി പരാംഗതി അവനവന് ശ്രേയസിനുള്ള മാർഗം അവൻ ആചരിക്കുന്നു അപ്പൊ പരമമായ ഗതി ആത്മസാക്ഷാത്കാരത്തിന് മോക്ഷ മോക്ഷത്തിന് പരാം ഗതി മോക്ഷം യാതി മോക്ഷത്തിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോ ഭഗവാൻ എന്നിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞു നമ്മളുടെ സമ്പ്രദായം എന്താന്ന് വെച്ചാൽ യാസ്ത്രവിധി മുത്സൃജ്യമവാഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ആണത് നമ്മളുടെ സമ്പ്രദായത്തില് ഋഷികൾ കണ്ടുപിടിച്ചു ആഗ്രഹം മനുഷ്യന് വലിയ ദുഃഖാണ് ഫ്രീഡം മീൻസ് ഫ്രീഡം ഫ്രം വിൽ ിസയർ ഫോർ ഫ്രീഡം അത് തന്നെ ഒരു ബന്ധമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ അതായത് ഞാൻ ഒന്നുകൂടെ തെളിവാക്കാം ഋഷികള് ധാർമിക ജീവിതത്തിൽ ധർമ്മശാസ്ത്രങ്ങളൊക്കെ എന്തിനു ചെയ്തു വെച്ചാൽ മനുഷ്യന് പ്രകൃതിയുടെ പിടിയിൽ നിന്ന് ഇവനെ വിമുക്തമാക്കാനായിട്ട് ഇവന്റെ വാസനക്കനുസരിച്ച് ആഗ്രഹത്തിന് അനുസരിച്ച് ഒന്നും ചെയ്യരുത് ശാസ്ത്രം എന്തു പറയണോ അതേ ചെയ്യാൻ പാടുള്ളൂ ഇത് ഒരു ഒരു കോലാണത് ശാസ്ത്രമാണ് പ്രമാണം ഭഗവാൻ ഇവിടെ ഗീതയിൽ പറഞ്ഞു നീ എന്ത് കർമ്മം ചെയ്യുന്നതിനും ശാസ്ത്രമാണ് പ്രമാണം ഇതിന് വിഹിത കർമ്മം ശാസ്ത്രം വിധിച്ചിട്ടുണ്ടോ ചെയ്തോളാം നമ്മളുടെ പൂർവാചാര്യന്മാര് നമ്മളുടെ ഋഷികള് നമ്മളുടെ പരമ്പരയില് എല്ലാരും ഉപയോഗിച്ച ഒരു സമ്പ്രദായമാണ് ഇത് യുക്തിശൂന്യതയൊന്നും കാരണം സയൻസില് മുമ്പ് സയന്റിസ്റ്റ് ചെയ്ത ഒരു ഇതിനെ വെച്ചുകൊണ്ടല്ലേ മുമ്പിട്ടു പോണത് നമ്മള് ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ സ്കൂളില് വൺ ടു ത്രീ എന്ന് ബോർഡിൽ എഴുതുമ്പോൾ ഒരു കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ വണ്ക്കൂടാ എന്ന് ചോദിച്ചാൽ എന്താർത്ഥം മൂന്ന് എഴുതി ഇന്ന് നമ്മൾ ഈ മൂന്ന് എന്ന് എഴുതി അതിനെ ഒന്നായിട്ട് സ്വീകരിക്കാൻ പോണു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുവരും വിശ്വാസല്ലേ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇസ് വാട്ടർ ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ വിശ്വസിക്കില്ല അത് പറയണില്ലേ നിങ്ങൾ അപ്പോൾ അവിടെ അവർ പറയണത് സത്യമാണ് വിശ്വാസമല്ലേ അപ്പോ ലോകത്തിൽ എവിടെയും വിശ്വാസം ഉണ്ട് അന്ധവിശ്വാസം അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല എല്ലാ വിശ്വാസവും അന്ധാണ് പക്ഷേ നമ്മൾക്ക് ഹിതം വരണം എന്ന് പറഞ്ഞ ആരെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരാളോട് ചോദിക്കണോ ലയൻസ് സ്കൂൾ എവിടെയാണെന്ന് ചോദിക്കണോ അയാള് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വഴി കാണിച്ചെന്ന് നമ്മൾ വഴി തെറ്റി പോകും പക്ഷെ വിശ്വസിച്ച് ചിലപ്പോ പോയി കുറെ ചുറ്റും അവസാനം ഒരാൾ കാണിച്ചു തരും ഇന്ന വഴിക്കാണ് പോണ്ടത് ഇത് തെറ്റാണെന്ന് കാണിച്ചു തരും അങ്ങനെ തന്നെ വന്നാവണം കർമ്മത്തിന്റെ കാര്യത്തില് ലോക കാര്യങ്ങളില് നമ്മളുടെ ബ്രെയിൻ അബ്സൊലൂട്ട് പവർ ഇല്ല അതുകൊണ്ട് ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെടുത്താണ് ചോദിക്കുന്നത് ഡോക്ടർ എഴുതി തന്നാൽ ഞാൻ ഞാൻ എനിക്ക് നിങ്ങൾ എഴുതിയ എം ബി ബി എസ് ബുക്സ് ഒക്കെ എനിക്ക് തരൂ ഞാൻ നിങ്ങൾ എഴുതിയ മരുന്ന് ശരിയാണോ നോക്കട്ടെ എന്ന് പറയുമോ എന്നാ പിന്നെ നമുക്ക് പിന്നെ ഒന്നിനു സമയം അപ്പോ എല്ലാ സ്ഥലത്തും വിശ്വാസമുണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ പ്രമാണമായിട്ട് ആരെയോ എടുക്കണുണ്ട് അധ്യാത്മത്തിൽ വരുമ്പോ ഞങ്ങളിത് സ്വീകരിക്കില്ല അത് വെറും മഠയത്തരാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് അഹങ്കാരമില്ലായ്മയാണ് ഞാൻ പറയണത്തെ സ്പിരിച്വൽ ആസ്പിരൻസ് സാധകന്മാരുടെ കാര്യാണ് ഇത് സാമൂഹികമായൊരു പ്രഭാഷണമല്ല അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ സാംസ്കാരികമായ പ്രഭാഷണം പോലും നമുക്ക് സംസ്കാരികം എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ അർത്ഥാക്കണുണ്ട് ആളുകള് സംസ്കാരമാണ് അതും ഇതാണ് മുഖ്യ സംസ്കാരം പക്ഷെ സംസ്കാരം എന്ന് പറയുമ്പോ പലതും അർത്ഥാക്കണുണ്ട് ഹിതം വരണം നിങ്ങളൊക്കെ ക്ഷേമമായിട്ടിരിക്കണം സുഖമായിട്ടിരിക്കണമെങ്കിൽ മനസ്സ് ശാന്താവണം മനസ്സ് ശാന്താണെങ്കിൽ പല ടെൻഷനും എടുത്തു കളയണം ഒരു അച്ഛനും അമ്മയും വഴി കാണിക്കാനിരിക്കുമ്പോൾ കുട്ടി എങ്ങനെ സന്തോഷമായിട്ടിരിക്കണം അതുപോലെ ഋഷികള് ഹിതമായ മാർഗത്തിനെ കാണിച്ചു തന്നതാണ് ശാസ്ത്രം അല്ലാതെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദൂഷ്യം വരണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഋഷികളെ അനേകം കാലമായി ഇവിടെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കണമെങ്കിൽ ഏകദേശം ഏതേത് കാര്യങ്ങൾ സ്വീകരിച്ചാൽ ശരിയാവും എന്ന് തീരുമാനിച്ചറിഞ്ഞ് ഇന്നന്ന രീതിയിൽ വേണം കർമ്മം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനെ ശാസ്ത്രം എന്ന് പറയണു അതിൽ വേദവും ധർമ്മശാസ്ത്രവും ഒക്കെ അടങ്ങും പക്ഷേ ഇപ്പോ ഭഗവാൻ ഗീതയില് ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഗീതയെ മാത്രം എടുത്താലും മതി അപ്പൊ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്താന്ന് വെച്ചാൽ ശാസ്ത്രം പ്രമാണത്തെ എന്ന് പറയുമ്പോൾ ഗീതയെ തന്നെ എടുത്തോളൂ ഗീത തന്നെയാണ് വേദത്തിന്റെ വ്യാഖ്യാനം കർമ്മം ചെയ്യേണ്ടത് ശാസ്ത്രം അറിഞ്ഞുകൊണ്ട് വേണമെന്ന് ഭഗവാൻ പറയുമ്പോൾ ഗീതയിൽ കർമ്മത്തിനെ എങ്ങനെ യോഗമായിട്ട് ചെയ്യണമെന്ന് ഭഗവാൻ പറയണോ എങ്ങനെ അഭിമാനമില്ലാതെ ഭഗവതർപ്പണ ബുദ്ധിയോടുകൂടെ ചെയ്യണമെന്ന് ഭഗവാൻ പറയണോ എങ്ങനെ ജ്ഞാനത്തോടുകൂടെ ചെയ്യണമെന്ന് ഭഗവാൻ പറയണോ ആ ശാസ്ത്രമാണ് നിനക്ക് പ്രമാണം എന്നെടുത്താൽ നമുക്ക് കംപ്ലയിന്റേ ഇല്ല ദർഫെക്ട് പഴയകാലത്തെ ചില ആചാരങ്ങൾ ഇപ്പം ചെയ്യണം അതാണ് ശാസ്ത്രമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിന്റ് ഉണ്ടാവും എല്ലാവരും കൊണ്ടും പറ്റില്ല എന്ന് പറയും അതിൽ കാര്യം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തിലേക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ് ആഗ്രഹത്തിനെ മാറ്റി നിർത്തുക എന്നുള്ളത് എപ്പോഴും പ്രാക്ടിക്കൽ ആണ് കർമ്മഫലത്യാഗം എന്നുള്ളത് എപ്പോഴും പ്രാക്ടിക്കൽ കർമ്മയോഗം എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ ബാല്യകാല വിവാഹം ഒരു ശാസ്ത്രമാണ് പഴയകാലത്ത് അത് ചിലപ്പോൾ ഇപ്പൊ പ്രാക്ടിക്കൽ ആവില്ല ഇപ്പോഴും ചിലരൊക്കെ അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില വളരെ ആചാരമുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ പക്ഷെ അത് അറിഞ്ഞാൽ കുഴപ്പാവും അത് പഴയ കാലത്ത് ഋഷികൾ പറഞ്ഞു ഈ കുട്ടികളായിട്ടിരിക്കുമ്പത്തന്നെ കല്യാണം കഴിച്ചു വയ്ക്കുക പല സാമൂഹിക പരിഷ്കർത്താക്കളും അതിനെതിരെ ശബ്ദിച്ചു ബഹളം കൂട്ടി അത് നിന്നുപോയി അതിൽ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് പക്ഷെ ഋഷികൾ കണ്ട ഒരു വഴി എന്താന്ന് വെച്ചാൽ അതിന്റെ ബ്യൂട്ടി കണ്ടിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ ഇപ്പോഴും അങ്ങനെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടികൾക്ക് കാമമൊക്കെ വരണതിനു മുമ്പ് തന്നെ അവര് ഫ്രണ്ട്സാണ് കൂടി കളിക്കുന്ന കുട്ടികളാണ് പിന്നീടാണ് അവര് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആവണത് അതിനൊക്കെ ഒരു നിയമത്തിനനുസരിച്ചൊക്കെ ഈ പറയുന്ന ഏജിന് ശേഷമേ അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊക്കെ എടുത്തുള്ളൂ അതുവരെ ഒക്കെ അവര് അപ്പൊ എന്താന്ന് വെച്ചാൽ അവരുടെ ലവ് അവരുടെ പ്രിയം എന്ന് പറയുന്നത് ശരീരത്തിൽ ബേസ്ഡേ അല്ല അത് അവന്തരം മാത്രാണ് അതുകൊണ്ട് ഡൈവേഴ്സ് ഒന്നും ചെയ്യേണ്ടി വരില്ല ഇതിപ്പോ ഡൈവേഴ്സ് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഈ അമ്മയുടെ മൂക്ക് കണ്ടിട്ട് അയാൾ കല്യാണം കഴിച്ചു കണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ചു തടി കണ്ടിട്ട് കല്യാണം കഴിച്ചു കഴിച്ചു അതൊക്കെ മാറിക്കൊണ്ടിരിക്കും സ്വഭാവം മാറിക്കൊണ്ടിരിക്കും നമ്മളുടെ മുമ്പിൽ കാണുന്ന പോലെ ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും പണം കണ്ടിട്ട് കല്യാണം കഴിച്ചു അവരുടെ ജോലി കണ്ടിട്ട് കല്യാണം കഴിച്ചു ഒരു നിലനിൽപ്പില്ല അല്ലെ ജീവിതത്തിന് എന്താന്ന് വെച്ച അപ്പൊ ശാസ്ത്രമില്ല ശാസ്ത്രം എന്താണ് ശാസ്ത്രം പറഞ്ഞു ആഗ്രഹം കൊണ്ട് നീ ഒന്നും ചെയ്യരുത് ഇന്റലിജൻസ് കൊണ്ട് ചെയ്യൂ ഇന്റലിജൻസ് ഇസ് ലവ് നമ്മള് ലവ് എന്നൊക്കെ പറഞ്ഞു ലവ് എന്ന് വെച്ചാ ആളുകൾ വിചാരിക്കണത് ഈ മരത്തിന് ചുറ്റി ഓടിക്കളിക്കണതും അല്ലേ സിനിമ എനിക്ക് എപ്പോഴുള്ള ചോദ്യമാണ് എന്താ ഒരു റിട്ടയർ ആയ ഒരു താത്ത പാട്ടി അവൾ വെച്ചിട്ട് സിനിമ എടുക്കപ്പെടാതോ എല്ലാമേ ഒരു യുവ യുവതി തേണമോ സോ ദാറ്റ് ഈസ് സിംപ്ലി ഡിസയർ വൾഗാരി യു ബേസ് യുവർ ലൈഫ് ദർ ആൻഡ് ഇറ്റ് ക്രംബിൾസ് ഡൗൺ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഋഷികൾ കണ്ടുപിടിച്ച വഴി എന്താന്ന് വെച്ചാൽ ഇവർക്ക് ശുദ്ധമായ പ്രിയം വരണമെങ്കില് ഫ്രണ്ട്ഷിപ്പ് വരണം അതിന് കന്യകാദാനം എന്നാണ് പേര് കല്യാണം എന്നല്ല കന്യകാദാനം എന്നുവച്ചാൽ പൂണൂലാണ് കല്യാണം അല്ല ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആൺകുട്ടിക്ക് പൂണോലിട്ട് കൊടുത്തിട്ട് പെൺകുട്ടിക്ക് കന്യകാദാനം ചെയ്യുമ്പോ പെൺകുട്ടിക്കും പൂണൂല് തന്നെയാണ് ഇടണത് എന്നാ ബ്രാഹ്മണാളെ പുരിഞ്ചിക്കണം കന്യകാദാനം വന്ന് പൂണൽ തന്നെ നൂൽ പോണൽ ഇല്ലേ ഇടുപ്പിലെ കട്ടിക്കാ പൂണൽ അത് കല്യാണത്തി കന്നയകും കട്ടുവാസം അത് ഇടുപ്പിലെ കട്ട മുഞ്ഞ് അത് തന്നെ മന്ത്രം അത് പാതയക്കും പൊണ്ണുക്കും പുരുഷ വിവാ ബ്രഹ്മോപദേശം പണ്ടത്തെ എപ്പോൾ ഇൻ സപ്പോർട്ട് നേച്ചർക്ക് രണ്ട് പേരും പരസ്പരം സപ്പോർട്ട് പണി രണ്ടുപേരും പരസ്പരം ആശ്രയിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിക്കണം അയാള് വൈദികമായ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ സഹായത്തിന് ഒരാളെ കൊടുത്തു അതാണ് കന്നികാദാനം അത് കല്യാണൊന്നും അല്ല കല്യാണം ചെയ്യാനുള്ള മന്ത്രമേ വേദത്തിലില്ല ഈ താലികെട്ടണ മന്ത്രമൊന്നുമില്ല ഇതൊക്കെ സമ്പ്രദായമാണ് ഇത് കന്യകാദാനം പാണിഗ്രഹണം കന്യകാദാനമാണ് കന്യകാദാനത്തിന് ശേഷം കല്യാണം എന്ന് പ്രകൃതി സ്ത്രീ പുരുഷ ജീവിതം അവർ പ്രകൃതിയായ ജീവിച്ചു അത്ര തന്നെ അതിൽ മുഖ്യം ധർമ്മമാണ് ധർമ്മമെന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ബോൺ ഓഫ് ഇന്റലിജൻസ് ധർമ്മം എന്ന് ലവ് എന്ന് പറയണത് ഈ വികാരമല്ല ഒരാളെ കാണുമ്പോൾ ഉണ്ടാവണം വികാരം ലവ് അല്ല അതൊരു തന്നെ സൂക്കേടാണ് വെളിച്ചപ്പാടെന്ന് ഉണ്ടാവണ പോലെ ഒരു തുള്ളല് അത് ലവല്ല അത് ലവ് എന്ന് വെച്ചാൽ ഒരാള് ഡയബറ്റിക് പേഷ്യന്റ് വന്നാൽ പായസം ചോദിച്ചാൽ കൊടുക്കാതിരിക്കണതാണ് ലവ് കൊണ്ടുകൊടുത്താൽ പ്രിയം എനിക്ക് അയാളോട് വലിയ ലൗ ആണ് സമാധി കെട്ടിവെച്ച അല്ലേ നമ്മളുടെ ലവ് മുഴുവൻ എല്ലാവർക്കും അഹിതാണ് ചെയ്യുന്നത് നമ്മൾ ലവ് എന്ന് പറഞ്ഞ് ലൗ വിതഔട്ട് ഇന്റലിജൻസ് ഇസ് മോർ ഡെയ്ഞ്ചറസ് ദാൻ ഹൈട്രേഡ് അപ്പോ പ്രിയം എന്ന് പറയണത് അതിനു പുറകിൽ അറിവുണ്ടാവുമ്പോ ജ്ഞാനം ഉണ്ടാവുമ്പോ ജ്ഞാനവും പ്രിയമും ഒന്നായിട്ട് തിരിയാണ് തസ പ്രിയേ വശിരാ മോദോ ദക്ഷിണ പക്ഷ പ്രമോദ ഉത്തര പക്ഷ ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ പ്രിയം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മുഖ്യ അംശമാണ് ഏത് ഹിതം ചെയ്യുമോ ഏത് ശാന്തിയെ കൊടുക്കുമോ ഏത് കംപ്ലീഷനോ കൊടുക്കുമോ അപ്പൊ ഇപ്പൊ വന്ന് കന്യകാദാനത്തിനെ നമ്മൾ വിട്ടാലും കന്യകകളും ചക്കന്മാരും ഒന്നും വിടണില്ല അത് പ്രകൃതിയാണ് കണ്ടില്ലേ അമേരിക്കയിൽ നോക്കുക പതിനഞ്ച് വയസ്സാവുമ്പോഴേക്കൊക്കെ അവർ പ്രസവിച്ചു കഴിഞ്ഞു കല്യാണം പോലും കഴിക്കണില്ല നമ്മളെന്തോ സാമൂഹിക ആളുകളോ ഒച്ചപ്പാടുണ്ടാക്കിയോ ഒക്കെ ചെയ്തു പക്ഷെ പ്രകൃതി അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഋഷികൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഒരു നിയമ ആ നിയമം ഫെയിലാവും കാരണം എന്ത് നിയമം ഉണ്ടാക്കിയാലും ലോകത്തിൽ ഫെയിലാവും ഫെയിലാവാത്ത കാര്യം ആന്തരിക ധർമ്മമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗീതയെ മാത്രം എടുത്താൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഈ ശാസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ഫെയിലാവും എന്താണെന്ന് വെച്ചാൽ അത് പ്രകൃതിയുടെ നിയമത്തിനെയാണ് ആന്തരിക ധർമ്മം സത്യം ദയാ ശാന്തി കാരുണ്യം സമത്വം ഇങ്ങനെ ആന്തരികമായ ക്വാളിറ്റീസിനെ മാത്രം എടുത്താൽ അത് മാറുന്നുലെ പഴയ കാലത്തിനൊരു നിയമം ഈ കാലത്തിനൊരു നിയമല്ല പക്ഷെ ഇപ്പൊ കന്യകാദാനം എന്ന് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ അത് ശരിയാവില്ല കൊഴപ്പുണ്ടാവും സമ്മതിക്കില്ല പലവിധ അശാന്തി നമുക്കുണ്ടാവും അല്ലേ അപ്പോ ശാസ്ത്രം പ്രമാണം എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുമ്പോ കർമ്മം ചെയ്യണമെങ്കിൽ ഗീത പഠിച്ചിട്ട് നിങ്ങൾ കർമ്മം ചെയ്യൂ ഗീതാധ്യയനം സ്വഭാവമാക്കി തീർക്ക നിത്യസ്വാധ്യായത്തിൽ ഭഗവത്ഗീത വെച്ചുകൊണ്ട് ഗീതയിൽ പറഞ്ഞ രീതിയിൽ കർമ്മത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഗഹനാ കർമ്മണോ കർമ്മം തന്നെയാണ് സംസാരം നല്ലത് ചെയ്യുന്നതും ദുഃഖത്തിൽ കൊണ്ടുപോയി വീഴ്ക്കും പോണ സ്ഥലത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാനത് ആളുകൾ നല്ലത് ചെയ്തിട്ട് എത്രയാ ദുഃഖിക്കണം അറിയോ ചീത്ത ചെയ്യണവില് മാത്രല്ല നല്ലത് ചീത്ത എന്നൊന്നുമില്ല കർമ്മം ചെയ്താൽ വിഷമിക്കും നല്ല കർമ്മം ചീത്ത കർമ്മം നല്ല കർമ്മം ചെയ്യാൻ പുറപ്പെട്ടാലും അവസാന ഏടാകൂടത്തിൽ പെട്ടു പുറത്തു വരാൻ കഴിയാതെ അവസാനം നമ്മൾ കാണും നമ്മൾ ചെയ്ത നല്ല കർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഒരു ദുഷിച്ച ഫലം മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഗഹനാകർമ്മണോ ഗതിഹീന്ന് കർമ്മം ഒരു ഭയങ്കര പത്മവ്യൂഹമാണ് അതുകൊണ്ട് ഒരു ഒരു അറിവ് ഭഗവാൻ പറഞ്ഞു നീ അധ്യാത്മ സാധകനാണോ നൻ്റെ സ്വധർമ്മം ചെയ്യ വേറൊന്നും നീ ചിന്തിക്കേണ്ട സ്വധർമ്മം നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നീ ചിന്തിക്കേണ്ട സ്വധർമ്മം ചെയ്യാം ആ സ്വധർമ്മത്തിന് എന്ത് ശാസ്ത്രമുണ്ടോ ആ ശാസ്ത്ര എന്തു പറയുന്നുണ്ടോ അത് നിന്റെ ബുദ്ധി പോലും ഉപയോഗിക്കേണ്ട ആ ശാസ്ത്രമനുസരിച്ച് ചെയ്യാം ദിസ് ഈസ് ദ റോഡ് ഫോർ യു ടു കം ഔട്ട് ചിലതൊന്നും നീ ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ചൊന്നും മനസ്സിലാവില്ല നമ്മള് പറയാണ് ഇവിടുന്ന് തൃശ്ശൂരിക്ക് പോകണത് വഴിയില് ഇങ്ങനെ ബോർഡ് ഇട്ടിട്ടുണ്ടാവും അത് നോക്കി നോക്കി പോയിക്കോളും അത് ശരിയാണോ ഇപ്പൊ എങ്ങനെ അറിയും ഞാൻ കണ്ടുപിടിച്ചോളാം നടന്നുകൊണ്ടേ ഇരിക്കുക വടക്കഞ്ചേരിക്കും അലത്തുരിലേക്കും ചുറ്റി ചുറ്റി അവസാനം അങ്ങനെ ചെയ്യണില്ലല്ലോ നമ്മൾ നമ്മളുടെ ഇന്റലിജൻസ് തന്നെ പറയുന്നു ഡിപ്പെൻഡ് അപ്പോൾ സംബഡീസ് ഇന്റലിജൻസ് ആൻഡ് ഗോ ലോക കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അത് ആർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ശാസ്ത്രവിധി എന്ന് പറയത്ത് നിങ്ങളെ കർമ്മത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പതുക്കെ പുറത്തു കൊണ്ടുവരാൻ ഉള്ളതാണ് അതുകൊണ്ട് വേദം പരമകരുണയോടുകൂടെ കർമ്മം വികർമ്മമെന്ന് പറഞ്ഞു കർമ്മ വികർമ്മേത്തി വേദവാദോ നൗക്കിക് വേദസരാത്മവാ തീരയ ഭാഗവതം പറഞ്ഞു വേദം കർമ്മമെന്നും അകർമ്മമെന്നും വികർമ്മമെന്നൊക്കെ പറയണു അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ന ലൗക ലൗകികമായി എന്തെങ്കിലും ബെനിഫിറ്റ് തരാൻ വേണ്ടിയിട്ടല്ല നിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് പാരമാർത്ഥികമായിട്ട് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലൊരു ശാന്തിയുടെ ധാമമുണ്ട് ആ ശാന്തിയുടെ ധാമത്തിൽ ഇരുത്തി സക്സസ് എന്ന് പറയണത് നമ്മള് ലോകത്തില് ഫേമസ് ആവണതോ ലോകത്തിൽ വലിയൊരു ഒരു കോളിളക്കം സൃഷ്ടിക്കണതൊക്കെയാണ് ആളുകൾ സക്സസ് എന്ന് പറയണത് ഒരു പൂന്തോട്ടത്തില് പുഷ്പിച്ച് പൂത്ത് വീണ് പുഷ്പവും സക്സസ് ആണ് ഒരു മരത്തിൽ ഒരു പഴം പഴുത്ത് പഴം നിന്ന് ആരും അറിയാതെ ആരെങ്കിലും ഭക്ഷിച്ചു പോകണമെന്ന് സക്സസ് ആണ് ഒരു വീട്ടിലിരുന്ന് അവരവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു എന്തോ സുഖ ദുഃഖങ്ങളുടെ നടുവിൽ സമമായിട്ടിരുന്നു ശാന്തമായിട്ടിരുന്നു യാതൊന്നും ചലിക്കാതെ അയാൾ ആരും അറിയാതെ മരിച്ചു പോയാൽ അത് വളരെ സക്സസ്ഫുള്ളാണ് നമ്മൾ സക്സസ് ഒക്കെ കണക്കാക്കണത് അയാൾ ഫേമസ് ആണോ അയാൾ എത്ര പുസ്തകം എഴുതി അയാൾക്ക് എന്തൊക്കെ അവാർഡ് കിട്ടി ഇതൊക്കെ അപകടമാണ് കാരണം ശാന് ഈ ജീവിതത്തിൽ ശ്രേയസ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പിന്നെ ഈ വഴിക്ക് നടക്കും അവരൊക്കെ ധരിക്കും ഇപ്പൊ വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി ഒരു മഹാത്മാ ചെയ്ത കാര്യത്തിൽ തന്നെ എത്ര ഏടാകൂട ഉണ്ടെന്ന് വെച്ചാൽ ചിലരൊക്കെ വേദാന്ത കോഴ്സൊക്കെ നടത്തുന്ന സ്ഥലത്ത് അറ്റൻഡ് ചെയ്യണത് തന്നെ അവർക്ക് മോക്ഷവും ലക്ഷ്യമില്ല ജ്ഞാനവും ലക്ഷ്യമില്ല ആത്മസാക്ഷാത്കാരവും ലക്ഷ്യമില്ല ചില ബ്രഹ്മചാരികൾ തന്നെ പറഞ്ഞു ഒരാളെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു സത്സംഗത്തിന് വരുമായിരുന്നു വരണപ്പായിപ്പോഴും വരണ്ട അയാൾ പറഞ്ഞു അപ്പൊ എനിക്കൊരു പുതിയ കാര്യട്ടോ ഞാൻ ആ ഒരു രണ്ടു വർഷം കോഴ്സ് കഴിഞ്ഞ് ഞാൻ ധരിച്ചിരുന്നത് വാസ്തവമായിട്ട് എന്റെ ഉള്ളിൽ ഒറ്റ അമ്പീഷനേ ഉണ്ടായിരുന്നുള്ളൂ അമേരിക്കയിൽ പോയിട്ട് വേദാന്ത ലക്ചർ നടത്തണം നല്ല കാലത്തിന് എനിക്ക് ഇംഗ്ലീഷ് ശരിക്ക് സംസാരിക്കാൻ പറ്റിയില്ല അയാൾ പറഞ്ഞു ഈശ്വര അനുഗ്രഹം എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും സംസാരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇത് ലോകത്തിൽ ഫേമസ് ആവാനോ അല്ലെങ്കിൽ ഒരു ഒരു സെൽഫ് ഗ്ലോറിഫിക്കേഷനോള മാർഗല്ല നിങ്ങൾ ആരും അറിയാതെ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് പാചകം ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടുള്ള ചെറിയ കാര്യം ചെയ്തിട്ടൊന്നും നിങ്ങൾ ആർക്കും അറിയ അറിയണതിലൊന്നും സുഖല്ല നമ്മൾ നമ്മളെ അറിയണതിലാണ് സുഖം നമ്മളെ മറ്റുള്ളവരെ അറിയുന്നതിലൊക്കെ ഏടാ കൂടാ മറ്റുള്ളവരെ അറിയണതൊക്കെ അവരവർക്ക് തോന്നുന്ന പോലെയാണ് അറിയണത് നമ്മളറിയണ പോലെയൊന്നും ആയിരിക്കില്ല നമ്മളെ നമ്മൾ അറിയണ പോലെ നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല മറ്റുള്ളവരെ നമ്മളെ കാണുന്നതൊക്കെ അവർക്ക് തോന്നുന്ന പോലെയാണ് അവര് പറയും നിങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയും ഒരു ഋഷികേഷരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എൺപതാമത്തെ പിറന്നാളിന് വലിയ ആഘോഷം സംഘടിപ്പിച്ചു ശിഷ്യന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരൊക്കെ ആയിട്ട് സ്വാമി നല്ല വേദാന്തി പഴുത്ത പഴം നല്ല പക്വി വലിയ മഹാത്മാ അദ്ദേഹത്തിന്റെ ശതാഭിഷേകത്തിന് വലിയ ആഘോഷം സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് ആരത്തി ഒഴിഞ്ഞു ആരത്തിക്ക് ഇരുപത് മിനിറ്റ് നീളമുള്ള ഒരു ഹിന്ദി പാട്ട് എഴുതിയിട്ട് സ്വാമിക്ക് ആരത്തി ഒഴിഞ്ഞു ആരത്തി ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് സ്വാമിയുടെ അടുത്ത് അനുഗ്രഹ പ്രഭാഷണം അപ്പൊ സ്വാമി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എത്രയോ ഉപദേശിച്ചു അതൊന്നും നിങ്ങൾ കേട്ടില്ല നിങ്ങൾ വിചാരിക്കണത് എനിക്ക് ഇരുപത് മിനിറ്റ് ആരതി ഒഴിയണത് ഗുരു സേവയാണെന്നാണ് എനിക്ക് ഒന്നിന് വന്നിട്ട് സമയം കുറെയായി ആസ്തായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് എനിക്ക് വയസ്സായി എഴുന്നേക്കാൻ വയ്യ നിൽക്കാൻ വയ്യ നിങ്ങൾ എനിക്ക് പൂജ ചെയ്യാണെന്ന് പറഞ്ഞ് ഇരുപത് മിനിറ്റ് നേരം പാട്ട് പാടി ആരതി ഒഴിയുമ്പോ എനിക്ക് മുട്ടിയിട്ട് ഇരിക്ക പുറത്തില്ല ഇത് ഗുരുപൂജയാവോ എന്ന് ചോദിച്ചു ഇദ്ദേഹം അനുഗ്രഹപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ് അപ്പൊ നോക്കൂ ഇതൊക്കെ ആണോ ഇതൊക്കെയാണോ ആളുകൾ ധരിക്കണത് ഇതിങ്ങനെ ഇപ്പൊ ടി വി ഒക്കെ വന്നപ്പോ ഏറ്റവും നല്ല സിനിമ ആക്ടേഴ്സ് ഇപ്പോ അധ്യാത്മക്കാരാണ് അരിയായിട്ട് ടി വിയിൽ വന്നാലാണ് പ്രമാണം നല്ല ടിവിയിൽ വരണത് കൊണ്ട് ദോഷമൊന്നുമില്ല കുറ്റല്ല അല്ല പറയാ അത് കാണുമ്പോ സാധകന്മാരെന്താ ധരിക്കണെന്ന് വെച്ചാൽ ഗീത പഠിക്കണത് ഇതിന്റെ ദൂഷ്യം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കണത് എന്താന്ന് വെച്ചാൽ ടി വിയിൽ പോയി പറയാനായിട്ട് യൂത്ത് ഫെസ്റ്റിവലിന് അതും ഉണ്ടാവും കോമ്പറ്റീഷൻ ഒരു വളിച്ച സംസ്കാരമാണ് നമുക്ക് ഇതൊക്കെ കൂടെ എന്താ വിഷമം ഉണ്ടാവണത് ശാന്തിക്ക് വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവൻ കൺഫ്യൂഷനാണ് കോംപ്ലക്സിറ്റീസ് ആണ് മുമ്പില് വളരെ സിംപിളായ മാർഗത്തിനെ ജട്ടിലമാക്കുന്നത് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളാണ് അതുകൊണ്ടാണ് ഋഷികള് പഴയ കാലത്ത് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു മുമ്പിലിരുന്നു പറഞ്ഞു ഇത്രയോ ഉണ്ട് അറിഞ്ഞുള്ള അതാണ് ഇതിന് വേറെ ഒന്നും വേണ്ട നിനക്ക് ഹിതത്തിനുള്ള മാർഗമാണ് അത് സമാധാനത്തിനുള്ള മാർഗം ശാന്തി നീ ഒന്നും വലിയ ആളാവാൻ ഒന്നും പോണ്ട നൻ്റെ പണി എന്താന്ന് വെച്ചാൽ ചെയ്തോള മഹാരാഷ്ട്ര സന്ധുക്കളൊക്കെ നോക്കിയാൽ ഒരാൾ ചെരുപ്പുകുത്തിയാണ് ഒരാൾ തുന്നൽക്കാരനാണ് ഒരാൾ പലചരക്ക് കച്ചവടക്കാരനാണ് ഒരാള് ചാമാർ ഒരാള് തോട്ടിയാണ് മുഖമഹാപുരുഷന്മാർ അവരുടെ കഥ ഇത്ര ഇൻസ്പയറിംഗ് ആണ് മഹാരാഷ്ട്ര മുഴുവൻ ഈ ഭാരതത്തിൽ ഇത്രയും അധ്യാത്മികത മനുഷ്യരുള്ളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു നാടില്ല അതെന്താ കാരണമെന്ന് വെച്ചാൽ ഈ കഥകളാ ബാക്കിയൊക്കെ നമ്മൾ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സന്യാസികളും ഒക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾക്ക് തോന്നും ഇത് നോക്കുമ്പോൾ ഒരാൾ ചെരുപ്പ് കുത്തിയും ഒരാള് ടൈലറും പലചരക്ക് കച്ചവടക്കാരനും എല്ലാ തലത്തിലുള്ള മഹാപുരുഷന്മാരുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരു ഭേദമില്ല അവരുടെ പണിയും അവരുടെ ശരീരത്തിന്റെ ഉപായങ്ങളോ ഒന്നും മാറ്റാതെ സ്വകർമ്മണാത്തം അഭ്യർത്ഥ്യ സിദ്ധിം വിന്ദതിമാനവ ഗീതയ്ക്ക് വ്യാഖ്യാനാണ് സമാധാനത്തിനുള്ള വഴിയാണ് ശാന്തിക്കുള്ള വഴിയാണ് അത് ഇതിൽ കൊണ്ടുപോയി ഏടാകൂട ഉണ്ടാക്കാതിരിക്കണം ഇത് അറിഞ്ഞുകൊണ്ടാണ് ഋഷികള് ശാസ്ത്രം പ്രമാണേ എന്ന് പറയുന്നത് എന്റെ ആഗ്രഹം പ്രമാണമല്ല ശാസ്ത്രം ശാസ്ത്രത്തിന് ആളുകൾക്ക് പേടി എന്താ എന്ന് വച്ചാൽ അത് നമ്മളുടെ ആഗ്രഹത്തിന് മുട്ടുകെട്ടയിടും ആഗ്രഹിക്കാൻ സ്വാതന്ത്ര്യം തരുന്നില്ല ആ ശാസ്ത്രം അതുകൊണ്ടാണ് സന്യാസികൾക്ക് പോലും ശാസ്ത്രം പ്രമാണമല്ലാതാവണം എന്താണെന്ന് വെച്ചാൽ സന്യാസി ആണെങ്കിൽ ഇങ്ങനെ വേണം ഗൃഹസ്ഥ ധർമ്മമാണെങ്കിൽ ഇങ്ങനെ വേണം ബ്രഹ്മചര്യ ധർമാണെങ്കിൽ ഇങ്ങനെ വേണം എന്നൊക്കെ ശാസ്ത്രം പറയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ അല്ല എന്താ എൻ്റെ ആഗ്രഹത്തിന് പല തടസ്സങ്ങൾ അതിലുണ്ട് പക്ഷെ ആ ശാസ്ത്രം പ്രമാണമായിട്ട് ഒരാൾ എടുക്കുമ്പോൾ ഇയാളുടെ ആഗ്രഹത്തിന് ഒരു കോമ്പൗണ്ട് വാൾ നിശ്ചയിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഉള്ളിലേ ആഗ്രഹിക്കുകയുള്ളു ആഗ്രഹിക്കും കാരണം ഞാൻ സാധാരണ മനുഷ്യനാണ് ആഗ്രഹിക്കും പക്ഷെ അതിന് ഈ കോമ്പൗണ്ട് വാളുണ്ട് ഇതിന്റെ ഉള്ളില് ശാസ്ത്രം പറയണ കോമ്പൗണ്ട് വാളിന്റെ ഉള്ളില് ആഗ്രഹം നിൽക്കുമ്പോ ആ ആഗ്രഹം ധർമ്മ കാമമായിട്ട് തീരും മിനിഞ്ഞാന്നൊരാള് വന്നു ഒരു സന്ദർഭം പറയും അദ്ദേഹം പറഞ്ഞു ഞാനൊരു യോഗിയെ കാണാൻ പോയി ഒരു നാലഞ്ചു വർഷം മുമ്പ് എനിക്ക് ഉപദേശിക്കൂ സ്വാമി പറഞ്ഞു ആ സ്വാമി പറഞ്ഞു ധർമ്മകർമ്മ എന്നൊരു മാത്രം പറഞ്ഞു എനിക്കതൊന്നും മനസിലായില്ല അപ്പൊ അദ്ദേഹം തൃശ്ശൂര് ഞാന് പ്രഭാഷണം നടത്തുമ്പോൾ എന്നെ കാണാൻ വന്നു ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം പറയുമ്പോഴാണ് എനിക്ക് അറിയണത് അപ്പോ സ്വാമിയുടെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു യോഗി ചോ ഞാൻ ഉപദേശം ചോദിച്ചു അപ്പൊ ധർമ്മകർമ്മ എന്ന് പറഞ്ഞു എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ലോ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ എനിക്ക് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചു നിശ്ചയില്ല പക്ഷെ കള്ള് കച്ചവടം ചെയ്യണത് ധർമ്മകർമ്മ അല്ല അതൊരു ഉദാഹരണം പറയാ ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് അയാൾ പറയണത് ഇത്രേ സ്വാമി പറഞ്ഞു എന്റെ കഷ്ടകാലം നോക്കൂ ഞാൻ കടത്തിൽ ഇരിക്കുകയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന നാലഞ്ച് ഓർഡേഴ്സ് ഈ ഡിസ്റ്റിലറിയാണ് സ്വാമിയുടെ അടുത്ത് ഒന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു സ്വാമി ഇത് പറയുകയും ചെയ്തു എനിക്കിനിപ്പനുസരിക്കാതെ നിവൃത്തിയില്ല ഇനിയും എന്റെ ദാരിദ്ര്യം പോയിട്ടൊന്നുമില്ല അത് ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് ദാരിദ്ര്യം പോയിട്ടുണ്ടാവും ഒരുപാട് പണം കിട്ടിയിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ സമാധാനം ഉണ്ട് ഞാൻ അധർമ്മം ചെയ്തില്ലല്ലോ സമാധാനം ഉണ്ട് ഇപ്പോ അത് ഞാൻ പറഞ്ഞതൊന്നുമല്ല അതാണ് ഇപ്പൊ അർജുനൻ ചോദിക്കാൻ പോണത് വൃദ്ധവചനം എന്ന് പറഞ്ഞ് ആചാര്യസ്വാമി തന്നെ ഇവിടെ പറയുന്നുണ്ട് ശാസ്ത്രം അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും ആരെടുത്തെങ്കിലും പോയി ചോദിക്കുമ്പോ വൃദ്ധവചനം അവരും ഒന്നും ഉദ്ദേശിച്ചിട്ടോ നമ്മളുടെ അടുത്ത് അവർക്കൊന്നും കിട്ടാനില്ല എന്തെങ്കിലും പറയുമ്പോ ശാസ്ത്രം അറിഞ്ഞവര് പറയണതിനെ ആശ്രയിച്ച് ജീവിച്ചാൽ എന്താകും ഭഗവാൻ ഇവിടെ പറഞ്ഞു ശാസ് അംഗീകരിക്കാതെ ആഗ്രഹത്തിനനുസരിച്ച് തോന്നിയ പോലെ ഇരിക്കുന്ന ആള് അയാള് സിദ്ധനാവില്ല സിദ്ധി എന്ന് വെച്ചാൽ സക്സസ് ഉണ്ടാവില്ല സക്സസ് ഈസ് നോട്ട് ഔട്ടർ നമ്മള് സക്സസ് എന്ന് പറഞ്ഞാൽ എത്ര ഫേമസ് ആയി എത്ര പണം കിട്ടി എത്ര ലോകത്തിൽ കൊള്ളിലൊക്കെ ഉണ്ടാക്കി അതാണ് നമ്മൾ സക്സസ് നോക്കണത് സ്പിരിച്വലി അധ്യാത്മമായിട്ട് സക്സസ് എന്ന് പറഞ്ഞാൽ സമാധാനായോ ധന്യത തോന്നിയോ ഉള്ളില് ഇതൊക്കെ ചെയ്ത് കൃതകൃത്യനായോ കർത്തവ്യം കൃതം എന്ന് തോന്നിയോ അത് സക്സസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു നിറഞ്ഞു ഇപ്പൊ നോക്കൂ പഴയ കാലത്ത് ഒരു ഏതോ ഒരു ഗുമസ്തനായിട്ട് ഇരുന്ന് നാല് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു ഏക്കർ സ്ഥലവും വാങ്ങി ഒരു വീടും കെട്ടി റിട്ടയറായിട്ട് സമാധാനായിട്ടിരിക്കണ കുറെ ആളുകളുണ്ട് ഇന്ന് അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങി അവസാനം ആ ഐ ടി കമ്പനിന്ന് പുറത്തു വരുമ്പോ എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ് അമ്പത് ലക്ഷം കടവും കടത്തിൽ ഒരു ഫ്ളാറ്റും ഇത് സക്സസ് ആണോ നിങ്ങൾ പറയണത് ആ ജോലി കിട്ടിയോടനെ സക്സസ്ഫുൾ ആയെന്നാണ് എനിക്കിത്ര ലക്ഷത്തിന്റെ ശമ്പളം അതാണ് സക്സസ് സക്സസ് ഔട്ടർ അച്ചീവ്മെന്റ് അല്ല ശാന്തിയാണ് സമാധാനാണ് ഇതാണ് സനാതനധർമ്മം സിംപിൾ അളവ് കോല് സമാധാനമുണ്ടോ ശാന്തി ഉണ്ടോ തൃപ്തി ഉണ്ടോ അതില്ലെങ്കിൽ എന്തൊക്കെ ആയിട്ടും കാര്യമില്ല അപ്പോ സിദ്ധി എന്ന് ഭഗവാൻ ഇവിടെ പറയണത് പുരുഷാർത്ഥ യോഗ്യതാ അവാപ്പ്നോതി ധർമ്മമോ അർത്ഥമോ കാമോ മോക്ഷമോ ഇല്ല നസസിദ്ധിയും അവാപ്പനോതി പരമപുരുഷാർത്ഥമെന്നെടുത്താൽ ജ്ഞാനം നസുഖം ലൗകികമായ സുഖവും അയാൾക്കൊന്നും കിട്ടില്ല ശാസ്ത്രത്തിന് അനുസരിച്ചിട്ടില്ലെങ്കിൽ വരമ്പയില്ലല്ലോ പിന്നെ അവിടെ സുഖം കിട്ടും ഒരു അലക്സാണ്ടർ ആക്രമിച്ചാക്രമിച്ച് ആക്രമിച്ച് ലോകം മുഴുവൻ പിടിച്ചടക്കാം ഒരിടത്ത് പിടിച്ചടക്കുമ്പോഴേക്കും വേറെ അടുത്ത് പൊന്തും ഇയാളുടെ ആഗ്രഹത്തിന് സമാധാനമേ ഇല്ല ഗംഗാതീരത്തിൽ വന്ന ഒരു യോഗിയെ കണ്ടു ഞാൻ ചക്രവർത്തിയാണെന്ന് ആ യോഗി പറഞ്ഞു ഈ ലോകമഹാപിച്ചക്കാരനാണ് അയാളെയാണ് നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇതുപോലൊരു പിച്ചക്കാരൻ ലോകത്തിൽ പിച്ചക്കാരന്മാർക്ക് നോബൽ പ്രൈസ് കൊടുക്കണമെങ്കിൽ അയാൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് കാരണം ലോകം മുഴുവൻ പിടിച്ചടക്കി പിച്ചെടുത്തിട്ടും അയാളുടെ പിച്ചപാത്രം എന്ന് അറിഞ്ഞില്ല മരിച്ചു പോകുമ്പോൾ പറഞ്ഞു എന്റെ കൈ തുറന്നു വെക്ക ഞാനൊന്നും കൊണ്ടുപോകണില്ല നാലാൾക്ക് ഇനിയെങ്കിലും വിവരം വരട്ടെ എന്നെ കണ്ടിട്ടെങ്കിലും എന്നെ പോലെയുള്ള ആളുകൾക്ക് അതും ഒരാൾ പറഞ്ഞു അയാൾക്ക് ബുദ്ധി വരുമോ ആരെങ്കിലും കൈ നിവൃത്തിയിട്ടുണ്ടോ മോതിരം അഴിച്ചെടുക്കാനായിട്ട് അയിരിക്കുമ്പോൾ അത് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെന്നോ എത്ര ആളുകൾ അല്ലേ ഭാരതത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടേ ഇല്ല യുദ്ധമൊക്കെ നടന്നാലും ഒക്കെ ലിമിറ്റഡ് ആണ് ഈ ഭാരതഭൂഖണ്ഡം പോലെയല്ല പുറത്തുള്ള ഭൂഖണ്ഡം ആളുകളുടെ നേച്ചർ അവരുടെ സ്ട്രക്ചർ സ്വഭാവം എന്ന് നമ്മൾ പറയാമോ അധ്യായത്തിൽ സ്വഭാവം തന്നെ വേറെയാണ് നമ്മളുടെ വില്ലന്മാരെ പോലും നിങ്ങൾ എടുത്തു നോക്കൂ രാവണനൊക്കെ പോലും ശിവപൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള ആളുകൾക്ക് യുദ്ധം ചെയ്യണത് പോലും യുദ്ധമാണോ അതൊക്കെ ഇന്നത്തെ സെക്കൻഡ് വേൾഡ് വാറും മറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പാനിഷ് ആക്രമണങ്ങളും ഒക്കെ നോക്കി കഴിഞ്ഞാൽ രാമായണമൊന്നും യുദ്ധമേ അല്ല എന്താന്ന് വെച്ചാൽ സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് യുദ്ധം തുടങ്ങുക വൈകുന്നേരം സന്ധ്യാവന്തനത്തിന് നിർത്ത ആയുധം വെച്ചാ അമ്പ അയില്ല ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വെസ്റ്റേൺ വേൾഡിൽ പോയി പറഞ്ഞാൽ അവരച്ചിരിക്കും ഇത് യുദ്ധാണോ നമ്മളുടെ ഉള്ളില് അത്രേ വയലൻസ് ഉള്ളു അതെങ്ങനെ വന്നു ഒരു സമൂഹം മുഴുവൻ എങ്ങനെ എങ്ങനെയായി അവിടുത്തെ രാക്ഷസന്മാർ പോലും അസുരന്മാർ രാക്ഷസന്മാരെന്ന് പറയുന്നവർ പോലും ഒരു ധർമ്മത്തിന്റെ വരമ്പിൻ്റെ എങ്ങനെ നിന്നു അപ്പൊ സാധ്യമല്ല എന്നല്ല സാധ്യമാവും ഈ ശാസ്ത്രം ഊറി ഊറി ഊറി ഊറി മണ്ണില് വേരുപിടിച്ച് ജനങ്ങളുടെ ഉള്ളിൽ ഇറങ്ങിയിട്ട് അവരുടെ സ്വഭാവത്തിൽ അവരുടെ പ്രകൃതിയുടെ ഉള്ളിൽ പോയി പ്രവേശിച്ചിരിക്കുക ശാസ്ത്രം പ്രമാണംകാര്യ വ്യവസ്ഥ ഹരിദ്വാറിൽ സപ്താഹം കഴിഞ്ഞ് വരുമ്പോ ഒരു കുട്ടി എയർപോർട്ടിൽ എയർ ഹോസ്റ്റർസ് ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു എനിക്ക് കല്യാണം കഴിയണം ആശീർവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കൊറേ ആളുകളായിട്ട് വന്നപ്പോ നമ്മളെന്തോ സ്വാമിയാണ് ആശീർവദിക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ ജ്യോതിഷി അല്ല എന്ന് പറഞ്ഞു കുട്ടിയോടെ ഇങ്ങോട്ട് വന്ന ശേഷം എന്റെ ഉള്ളില് ഇപ്പൊ സമയമായതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞ് വെറുളളിൽ തോന്നി എത്ര നോബിളാണ് ഈ കാലത്ത് തോന്നിയവരെയൊക്കെ കല്യാണം കഴിച്ചു തോന്നിയ പോലെയൊക്കെ നടക്കണ ഈ സമയത്ത് ഈ കുട്ടിക്ക് അതും ഒരു എയർഹോസ്റ്റസ് ആ പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടി ആരോ ഒരാളെ ഒരു സാധുവാണെന്നോ സന്യാസി അവരുടെ ഉള്ളിൽ എന്തോ മഹാത്മാവാണോ എന്ത് ധരിച്ചുവോ ഏതോ വിധത്തിൽ വന്നിട്ട് അവരുടെ ആഗ്രഹത്തിന് ഒരു ഡിവൈൻ സപ്പോർട്ട് ഒരു ഒരു അനുഗ്രഹത്തോടു കൂടെ നടക്കണം തോന്നു വെച്ചാൽ അത് എന്തൊരു സംസ്കാര വൈഭവാണ് പിന്നെ ഞാൻ അപ്പത് തമാശായിട്ട് എടുത്ത് പറഞ്ഞിട്ട് വന്ന് ഇങ്ങോട്ട് വന്ന ശേഷം ചിന്തിച്ചു അത് സാമാന്യല്ല ഇത് ഈ ഭാരതത്തിലേ നടക്കുള്ളൂ ഇവിടെ നടക്കുള്ളൂ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതം എന്ത് ചെയ്യണം ചെയ്യേണ്ട അതെന്താ ബുദ്ധിമുട്ട് തോന്നുന്ന പോലെ ചെയ്യൂ ശാസ്ത്രം പറഞ്ഞിട്ട് ഭഗവാൻ അവസാനം പറയണു അർജുന ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു നല്ലവണ്ണം ചിന്തിച്ചു നോക്കിയിട്ട് തോന്നണ പോലെ ചെയ്യുന്നു അത് മുഴുവൻ ഉള്ളിൽ ഇറങ്ങിയിട്ട് സ്വഭാവത്തിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് അത് നിന്റെ സ്വഭാവമായിട്ട് മാറിക്കഴിഞ്ഞാൽ യു ആർ ഫ്രീ ടു ആക്ട് ബിക്കോസ് യു ആർ വിൽ കണ്ട ശാസ്ത്ര നിങ്ങളുടെ ആഗ്രഹത്തിന് ശാസ്ത്രത്തിനും നടുവിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല ശാസ്ത്ര വചനം നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമായിട്ട് പുറത്തു വരുമ്പോ നിങ്ങൾ ഫ്രീ ആയി അപ്പോഴാണ് പറയണത് അയാളുടെ ഉള്ളിൽ നിന്നും ഒരു തെറ്റ് നടക്കില്ല അയാൾ ഒരാൾ ക്ഷേമമായിട്ടിരിക്കണം പറഞ്ഞാൽ ക്ഷേമമായിട്ടിരിക്കും അയാൾ പറഞ്ഞാൽ ക്രിയാഫലാശ്രയത്വം നടക്കും നടക്കേണ്ടത് നടക്കും അയാൾ എന്ത് ചെയ്യണു അതാണ് ധർമ്മം എന്താണെന്ന് അധർമ്മം ചെയ്യാൻ പറ്റില്ല ആ ഫിസിക്കൽ സിസ്റ്റം ആ സൈക്കോസൊമാറ്റിക് ഓർഗാനിസം ഹാസ് ബിക്കം സോറിഫൈഡ് That it is one with Shastra. വൺ വിത്ത് ശാസ്ത്ര അത് ശാസ്ത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഉപാധി അപ്പൊ ഫ്രീഡമായി സ്വതന്ത്ര അതാണ് അപ്പൊ മോക്ഷ സന്യാസമാണ് അപ്പോ തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിതവും ജാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി അപ്പൊ നമ്മൾക്കൊരു ചോദ്യം ഉണ്ടാവും ഞങ്ങൾക്കിപ്പോ ശാസ്ത്രമൊന്നും അറിയില്ലല്ലോ ഞങ്ങള് ആഗ്രഹം പോലെ നടക്കണം എന്ന് ഞങ്ങള് പറയണില്ല ശാസ്ത്രമൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ആരെങ്കിലും ഒക്കെ വലിയവർ പറയണത് കേട്ടൊക്കെ ജീവിക്കുന്നു പരമ്പരയാ കേട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണു അങ്ങനെയുള്ള ഞങ്ങൾക്കിപ്പോ എന്താ വഴി എന്ന് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ അധ്യായം ആ ചോദ്യവുമായിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അത് നമ്മളെ നാളെ കാണാം നാളെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആറര മണിക്ക് നമ്മൾ തുടങ്ങും ശ്രദ്ധാത്രേയ വിഭാഗയോഗാണ് അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയേയും കൂടെ എനിക്ക് കുറച്ച് ആവശ്യം ഒരേ ഒരു കാര്യം ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ വരുന്ന ആളുകൾ ഇത്രയും പേര് വരുന്നവർ ആറേ മുപ്പത്തി ഒന്നാക്കാതിരുന്ന ഒന്നായിരിക്കും ആറേ മുപ്പതിനു മുമ്പ് എല്ലാവരും അത് നമ്മൾക്ക് ശ്രദ്ധ അപ്പോ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ എഴുന്നേക്കും ഈ വസ്തു ഗ്രഹിക്കാനായിട്ട് അപ്പൊ അത് നമ്മള് തുടർന്ന് നാളെ കാണാം ഇന്ന് ഇൻട്രഡക്ഷനേ കഴിഞ്ഞ അധ്യായത്തിനെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഈ അധ്യായത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കണേയുള്ളൂ അത് നമ്മൾ നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ണരിലോല പരമായാസം മാതാകാരമ പ്രണമത പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദമത്സിഹേതി യശോദ താടനശൈശവസന്സം വ്യാത്തവ ോകലോകോക്കോകോക്കയപുരമൂളസ്തംഭം ലോകലോകമനോക്കം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദോവിരമാനന്ദം ഭജ ഗോവി വ തോന്നം Tvam കിഞ്ചിസ്തിയ്ടം കൂരുമാത്മനം വരാമെ